അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നതുകൊണ്ടാണത് സംഭവിച്ചത് എന്നാൽ അവർ പറഞ്ഞു മനുഷ്യരാണോ ഞങ്ങളെ നേർവഴിയിലാക്കുന്നത് അങ്ങനെ അവർ സത്യനിഷേധം കാണിക്കുകയും പിന്തിരിയുകയും ചെയ്തു അള്ളാഹുസുബഹാനഹൂവത്തായാല മതിയായവനാണ് അള്ളാഹുസുബഹാനഹൂവത്തായാല ഐശ്വര്യവാനും സ്തുത്യർഹനുമാണ്